ഓ വിശ്വാസികളെ നിങ്ങൾ അവ്വാഹുവിനെ സൂക്ഷിക്കുകയും അവൻറെ ദൂതനിൽ വിശ്വസിക്കുകയും ചെയ്യുക എങ്കിൽ അവൻറെ കാരുണ്യത്തിൽ നിന്ന് രണ്ട് ഇരട്ടി പ്രതിഫലം അവൻ നിങ്ങൾക്ക് നൽകും നിങ്ങൾ അതിലൂടെ നടക്കാനായി അവൻ നിങ്ങൾക്ക് ഒരു പ്രകാശം നൽകുകയും നിങ്ങൾക്ക് പുറത്തു തരികയും ചെയ്യും അവ്വാഹുസുബഹാനഹൂവ ചായാല ഏറെ പൊറുക്കുന്നവനും കരുണാനിധിയുമാണ്